തങ്ങൾക്ക് ലഭിച്ച യാതൊരു തെളിവുമില്ലാതെ അള്ളാഹുസുബഹാനഹുവറ്റായാലയുടെ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് തർക്കിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ അഹങ്കാരമല്ലാതെ മറ്റൊന്നുമില്ല അവർ ഒരിക്കലും അത് കൈവരിക്കുകയില്ല അതിനാൽ നിങ്ങൾ അള്ളാഹുസുബാനുഹുവറ്റായാലയോട് ശരണം തേടുക തീർച്ചയായും അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്